is me is me is me si karma te si karma te si me so ya muli karma is si si si bhang svami സമയ ഗുരു സംഗര സം ാിഎഞലാലാ൵�ലാഞാൻഴലാലലാലാലാലാലലാ�ẫ� റനല കധലലúblic siaതകലൻാലല഻ give항ıographyüs. കറബഄവലലലഇലലinees� <laughs> Siri കലൻ യേലലല MUELLER ഴലാnaeнологһ വലലലലലല മലല കളഔലലലിോ amiliarfredәൻള കല ഓം ഇത് ഇതം സർവം വ്യക്തം ബോധം ഭവ്യതിർ ഓരം തദപ്യോകാര ോനവിശതിയ പദ യത്രോ കമയത്തിന പശ്യതിേദോമുഖപ്രജസ്തൃതിയ ിംരാഹിമലക്ഷണ അച്ഛന്തിവദേശി കാർമ്മ പ്രത്യസാരം പ്രപഞ്ചോപം ശാന്തം ശിവം അദ്വൈതം ചതു ജാഗരസ്ഥാനോ വൈശ്വാൻ അപാര പ്രഥമ മാത്രമത് ആപ്പണോ ധോ വൈ സർവാൻ കാശ്വേം വേദ സ്വപ്നസ്ഥാന തൈജസ ഉോ ദ്യാത്ര ഉകർഷ ഉഭയത് ഉത്കർഷിഹവ വൈജ്ഞാനസന്ധതി സമാനസ്വതി നമുതിേദ ൃതീയമാത്രീതിവഹാര പ്രപഞ്ചോ വശമസ്യൂദ്വേതാര ആത്മൈവ സമ്മിശതി ആത്മന ആത്മാനം യം അജേഷജം അസ്രാദമിഷ്യത്തോന്നസേന കീർത്തി കഥം തെഷം മഹാജാനമേശു അനുപന്നു അചലേശു സൌഷ്ണിം പ്രകാശസ്മാക്കേ കമ്മിറ്റി കാരണേന അസംഗം ആകാശകൽപം കഴിഞ്ഞ കരികയിൽ പറഞ്ഞു മഹാജ്ഞാനമാരാണോ ആരാണോ ഈ തത്വത്തിൽ സ്ഥിരനാകുന്നവൻ അവൻ മഹാജ്ഞാനിയാണ് എന്ന് പറഞ്ഞു കഥം ദേഷ്യം മഹാജ്ഞാനവത്വം അതെങ്ങനെ സംഭവിക്കുന്നു ജ്ഞാനം ഉള്ളവനെന്ന് പറയുമ്പോൾ ജ്ഞാനമുള്ള ഒരാള് അയാളുടെ ജ്ഞാനം അങ്ങനെ വരും അല്ലെങ്കിൽ ഒരാളെങ്ങനെ ജ്ഞാനം ഉള്ളവനെന്ന് പറയാൻ പറ്റുന്നു ഞാനി എന്നങ്ങനെ പറയാൻ പറ്റും ജ്ഞാനി എന്ന് പറയുന്നിടത്തേന്നെ ദുരിതം ജ്ഞാനിയും ആ ഞാനിയുടെ ഞാനും രണ്ടെണ്ണം വേണറുണ്ട് അല്ലാതെ എങ്ങനെ ഒരാളെ ജ്ഞാനി എന്ന് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ സംശയം വരുന്നത് നമ്മൾ വസ്തുക്കളെ അറിയുമ്പോൾ അറിയുന്ന ഞാനും എന്റെ അറിവും ഞാനറിയുന്ന വിഷയമുണ്ട് അങ്ങനെ എൻ്റെ അറിവും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അറിയുന്നവനെ കുറിച്ച് പറയുവാൻ അറിയുന്നവനാണ് അറിവുള്ളവനാണ് എവിടെയെല്ലാം ജ്ഞാനമുള്ളവൻ അറിവുള്ളവനെന്ന് പറയുന്നു അവിടെയെല്ലാം ഇത് മൂന്നും കാണും അത് പ്രധാനമായിട്ട് അറിയുന്നവനും അവന്റെ അറിവ് ഇവിടെ മഹാജ്ഞാനം എന്ന് പറഞ്ഞു മഹാജ്ഞാനം എന്ന് പറയുമ്പോ അവിടെ കേവലം ആത്മാവ് മാത്രമാണ് ആത്മാവ് മാത്രമാണെങ്കിൽ പിന്നെ മഹാജ്ഞാനം എന്നെന്തിലും പറയണം അജ്ഞനല്ല അജ്ഞനെ സംബന്ധിച്ചങ്ങനെ പറയത്തില്ല അവിടെ ഉദ്ദേശിക്കുന്ന ആത്മാവിനെ അറിയുന്നവനെന്നാണ് ആത്മാവിനെ അറിയുന്നവനെന്ന് പറയുമ്പോൾ ആത്മാവും അതിൻ്റെ അറിവും അങ്ങനെ വരും ജ്ഞാനവത്വം അതങ്ങനെ സംഭവിക്കുന്നു ജ്ഞാനിയിൽ ജ്ഞാനം എങ്ങനെ സംഭവിക്കുന്നു നമ്മൾ സാധാരണ വിഷയങ്ങളെ അറിയുന്നത് പോലെയാണോ അവിടെ അറിയുന്ന ഞാനും എന്റെ അറിവും അതുപോലെയാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ജ്ഞാനവും ഉണ്ടാകുന്നു ആത്മാവിനെ സംബന്ധിച്ചാലും ശരി ജ്ഞാനവും ഉണ്ടാകുന്നു വരും അപ്പൊ ജ്ഞാനത്തെ അജമെന്ന് പറയാൻ കഴിയത്തില്ല ഇവിടെ അജാതവാദമാണ് ഈ ജ്ഞാനത്തെ വിട്ടിട്ട് പിന്നെ അതിന് അനുഭവമെന്നോ അനുഭൂതിയെന്നോ എന്ത് ശരി അപ്പോൾ ഞാനീടെ അനുഭൂതിയുണ്ടോ ഉണ്ടെങ്കിൽ ആ ജ്ഞാനിയും ഞാനിയുടെ അനുഭൂതിയും രണ്ടുണ്ടല്ലോ അവിടെ ജ്ഞാനി ആരെയാണ് പറയുന്നത് ഞാനിന്ന് ആത്മാവിനെ തന്നെ ആത്മാവിലാണല്ലോ എല്ലാം സംഭവിക്കുന്നു ആത്മാവിലാണ് അജ്ഞാനം ഉണ്ടായത് ആത്മാവിലാണ് ജ്ഞാനവും ഉണ്ടാകുന്നത് അപ്പോൾ ആത്മാവിനെ തന്നെ ഞാനിന്ന് പറയേണ്ടി വരും ത്മാവാകുന്ന ജ്ഞാനി ആ ജ്ഞാനിയുടെ ജ്ഞാനം ജ്ഞാനവത്വം അത് സംഭവിക്കുന്നു അപ്പോ ആത്മാവിൽ ജ്ഞാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മജ്ഞാനി എന്ന് പറയുന്നിടത്ത് ആത്മാവും ഒരു ജ്ഞാനവും എന്ന് പറയുന്ന ഈ ഭേദം നിൽക്കില്ലേ എന്നാണ് അപ്പൊ അവിടെ നിങ്ങൾക്ക് എങ്ങനെ അജാതം പറയാൻ കഴിയും അനുസമാനം പറയുന്നു അജേഷു അനു ത്വനേഷു അച്തേഷു ധർമ്മേഷു ഈ ധർമ്മത്തിൽ നിങ്ങൾ തിരിയൻ എന്ന് പറഞ്ഞാലോ തിരിയത്തെ അറിഞ്ഞവനെന്ന് പറഞ്ഞാലോ അവിടെ ഈ ആത്മാവ് അത് അജമാണ് അത് അജൻ തന്നെയാണ് അജമാണെങ്കിൽ പിന്നെ അവിടെ ജ്ഞാനം ജ്ഞാനം ഉണ്ടാകണ്ടേ അങ്ങനെയാണെങ്കിൽ എല്ലാ ആത്മാവും അജമാണ് അജ്ഞാനിയുടെ ആത്മാവും ജ്ഞാനിയുടെ ആത്മാവും എല്ലാ അജമാണ് വ്യത്യാസമുണ്ട് അതിന് നിങ്ങൾ മഹാജ്ഞാനി എന്ന് ആരെ പറയുന്നു എല്ലാവരെയും മഹാജ്ഞാനി എന്ന് പറയേണ്ടി വരുമല്ലോ ഇന്നും അങ്ങനെ പറഞ്ഞാൽ എന്താ ദോഷം എല്ലാ പേരും മഹാജ്ഞാനികൾ തന്നെയാണ് എല്ലാവരും ആദിബുദ്ധന്മാരാണെന്നാണ് പറഞ്ഞത് എല്ലാ പ്രത്യേകിച്ച് ഒരു ബുദ്ധനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം എന്നാലേ അജം ശരിയാകും കുറച്ചുപേരജ്ഞാനികളും കുറച്ചുപേര് ജ്ഞാനികളുമാകുമ്പോ എങ്ങനെ അജം എന്നുള്ള ശരിയാകും നമ്മൾ പറയേണ്ടി വരും ആ ജ്ഞാനി അജനാണ് ജ്ഞാനിയിലാജത്വം കൊണ്ട് അജ്ഞാനിയിലന്ന് പറയേണ്ടി വരും പറയുന്നു അങ്ങനല്ല ഇവിടെ സർവരും മഹാജ്ഞാനികൾ തന്നെ ആദ്യേഷു അനുപന്നേഷു അച്ഛനേഷു ധർമ്മേഷു എന്തുകൊണ്ട് അത് എല്ലാ ശ്രോതാക്കളും ബഹുജനത്തിൽ പറയും കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പറയുന്ന കൊണ്ടാണ് സർവരും അജമാണ് അനുപന്നമാണ് അചലമാണ് എന്ന് പറയുമ്പോൾ സ്വസ്വരൂപത്തെ അറിയുന്ന ജ്ഞാനി ആ ജ്ഞാനിയിലുണ്ടായ ഒരറിവ് അങ്ങനെ രണ്ടെണ്ണമില്ല ഇവിടെ ആത്മാവിനെ സംബന്ധിച്ചും ഒന്നും ഉണ്ടാകുന്നില്ല ആത്മഭിന്നമായി ഒന്നും ഉണ്ടാകുന്നില്ല അനുപന്നമാണ് അചലമാണ് അവിടെ ധർമ്മേഷു ആത്മസു അചലം ച്ഞാനം വിശ്വൻ അവിടെ ഈ പറയുന്ന ജ്ഞാനം മഹാജ്ഞാനം പറയുന്നത് ഉണ്ടാകുന്ന ഒരു ജ്ഞാനമാണ് അജ്ഞാനം എന്താണ് അജം അചലം ച്ഞാനം അജ്ഞാനവും അജമാണ് അചലമാണ് അതുകൊണ്ടാണ് സർവരും ആദിബുദ്ധന്മാരും പറയുന്നത് ഉണ്ടായ ജ്ഞാനമല്ലാന്ന് എന്തുകൊണ്ട് പറയുന്നു നിങ്ങൾ പ്രയാസപ്പെട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് നിങ്ങളുടെ അന്ധകരണത്തിൽ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാക്കിയെടുത്താലോ പണിപ്പെട്ട് ഞാൻ ആത്മാവാണ് ഞാൻ സച്ചിദാനന്ദ ഏതെങ്കിലും തരും ആ ജ്ഞാനം ഉണ്ടായി എന്നുള്ള ഒറ്റ കൊണ്ട് തന്നെ അത് അതുകൊണ്ട് പറയുന്നത് അജമാണോ അചലമാണ്മിഷ്യം പറയുന്നത് സവിതരി ഇവ ഔഷ്ം പ്രകാശം ഇതും അസംക്രാന്തം അർത്ഥാന്തരേ അജം ജ്ഞാനത്തിൽ സംക്രമണം സംഭവിക്കുന്നില്ല എന്ന് പറയുന്നു ദൃഷ്ടാന്തം പറയുന്നു സവിതരീഷ്ണിയും പ്രകാശിച്ച സവിതാവിലും പ്രകാശം എന്ന് പറയുന്നത് അത് സൂര്യനിൽ നിന്ന് വേറെയല്ല അത് സൂര്യനിൽ ഉണ്ടായതല്ല അത് സൂര്യന്റെ സ്വരൂപം തന്നെയാണ് സൂര്യനും നശിക്കുന്നതാണ് സൂര്യൻ സ്വയം അജമല്ല എന്നാലും സൂര്യനിൽ നിൽക്കുന്ന ആ പ്രകാശം അത് സൂര്യന്റെ സ്വരൂപമാണ് സൂര്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം അത് നിലനിൽക്കുന്നതാണ് അത് നിലനിൽക്കുന്ന ആണെങ്കിൽ പിന്നെ അതെന്തിനുണ്ടാവും എന്നാണ് ഇവിടെ ചോദിക്കുന്നത് സൂര്യൻ നിത്യമല്ല അതുകൊണ്ട് അതിന് അജമൊന്നു പറയാൻ പറ്റില്ല പക്ഷെ സൂര്യനിൽ പ്രകാശം ഒന്നുണ്ടായി സൂര്യൻ ഉണ്ടായപ്പോ അതെന്തര നിലനിൽക്കും സൂര്യന് നശിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ പ്രകാശത്തിന് മുന്നേ വിശേഷം ഉണ്ടാകേണ്ട കാര്യമില്ല അപേക്ഷികമാണെങ്കിലും അതിനൊരു നിത്യതയുണ്ട് സദാ നിലനിൽക്കുന്നതാണ് സൂര്യന്റെ പ്രഭയാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മളൊരു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് എന്താണോ ആ വിഷയത്തെ ഈ പ്രഭ പ്രകാശിപ്പിക്കുന്നതായിട്ടാണ് എന്ന് പറഞ്ഞാൽ ആ ഈ പ്രഭ പൊതിഞ്ഞിരിക്കുന്ന അതിനെ വലയം ചെയ്തിരിക്കുന്ന അവിടെ എന്ത് സംഭവിക്കുന്നു സൂര്യൻ ഭൗതികമായിരുന്നു അത് ജടവസ്തുവായതുകൊണ്ട് അതിന്റെ പ്രഭ അതിൽ കിറിയുണ്ട് സംക്രമണം സംഭവിക്കുന്നു സൂര്യനിലിരുന്ന ആ പ്രഭ അത് വിഷയത്തിലേക്ക് സംക്രമിച്ചു അതുകൊണ്ടാണ് വിഷയത്തെ അത് പ്രകാശിപ്പിക്കുന്നത് അതാണ് പ്രകാശത്തിന്റെ സംക്രമണം എന്ന് പറയുന്നത് ഒരു പ്രകാശ് ഉറവുള്ളിൽ നിന്ന് അതിന് പോകാവുന്ന സ്ഥലത്തോളത് സഞ്ചരിക്കുന്നു ആ സഞ്ചാരത്തിന്റെ വഴിയിലുള്ള സർവത്തെ അത് പ്രകാശിപ്പിക്കുന്നു അങ്ങനെ അതിന് സഞ്ചരിക്കാതെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല അതിൽ ക്രിയുണ്ട് ജ്ഞാനത്തിൽ അത്തരത്തിലുള്ള ക്രിയയില്ല ആ സഞ്ചരിക്കുന്ന പ്രകാശത്തെയും ആ സംക്രമണത്തെയും പ്രകാശിപ്പിക്കുന്നതാണ് ഞാൻ ആ പ്രകാശത്തിന്റെ സംക്രമണത്തെ കാണാൻ ഒരുവനില്ലെങ്കിൽ പിന്നേത് പ്രകാശം അവിടെ പിന്നെ പ്രകാശം ചിന്തയ്ക്കിയ വിഷയമല്ല കണ്ണുള്ളവൻ കാണുമ്പോഴാണ് പ്രകാശം ചിന്തയ്ക്ക് വിഷയമുള്ളത് അവിടെ ആ സവിതാവിൽ നിന്ന് ആ പ്രകാശം വിഷയത്തിലേക്ക് സഞ്ചരിക്കുന്നു വിഷയത്തെ ആവരണത്തെ മാറ്റുന്നു ആ വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു അവിടെ സംക്രമണ സൂക്ഷിക്കുന്നു അതവിടെ ചെന്നാലേ പറ്റും അതേസമയം ആ പ്രകാശത്തിന്റെ സ്വരൂപം തന്നെയാണ് അതിന്റെ പ്രകാശവും ഉഷ്ണവും അതിനതിൽ നിന്ന് വേർതിരിക്കാനും പ്രകാശത്തെ സംബന്ധിച്ച് ഒരു തരത്തിലത് അജമാണ് എന്തുകൊണ്ട് അതിന്റെ ഉഷ്ണത്തെയും പ്രകാശത്തെയും അതിൽ വേർതിരിക്കാം എന്നാൽ അത് പൂർണമായും കാരണം അത് സഞ്ചരിക്കുന്നു വിഷയത്തിൽ എത്തിച്ചേരുന്നു അതുപോലെ തന്നെ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങുന്നു സൂര്യനിൽ സവിതാവിനത് അജമായിരുന്നാലും വിഷയദേശത്ത് വരുമ്പോൾ അത് ഉണ്ടാകി നശിക്കുകയും ചെയ്യും നമ്മൾ പറയുന്നു പ്രകാശം വന്നു പ്രകാശം പോയി ഇങ്ങനെയൊരു സ്വഭാവമുണ്ട് പ്രകാശത്ത് സ്വയം പ്രകാശം എന്നുള്ളതിനത് നല്ല ഉദാഹരണമാണ് പക്ഷെ അത് നിത്യതയ്ക്ക് ഉദാഹരണമാണ് ഇവിടെ പറയുന്ന ജ്ഞാനത്തിന്റെ അസംക്രാന്തി അസംക്രമണം അതിനകത്ത് ഉദാഹരണം പ്രകാശത്തിന് ഇപ്പോൾ സംക്രമിച്ചുകൊണ്ടിരിക്കാനേ പറ്റൂ അതുകൊണ്ടാണ് അതുപോലെ പ്രകാശം വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ ജ്ഞാനം ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത് പ്രകാശത്തിന് വസ്തുക്കളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി അതിന് സഞ്ചരിക്കേണ്ടി വരുന്നതുകൊണ്ട് കാരണം അത് അന്യമാണ് പ്രകാശം പേരെ അത് പ്രകാശിപ്പിക്കുന്ന വസ്തു പേരെ അപ്പോൾ സൂര്യനിൽ നിന്ന് അതിന്റെ പ്രഭയ്ക്ക് ഭൂമിയിലേക്ക് സഞ്ചരിക്കേണ്ടി വരും അവിടെ ദൈതം നിലനിൽക്കുന്നൊണ്ടാണ് അവിടെ സംക്രമണം സംഭവിക്കുന്നത് എവിടെ പറയുന്ന ആത്മതത്വം അതിനങ്ങനെ സംക്രമണത്തിന്റെ ആവശ്യമില്ല അത് തന്നെ സർവവുമായിരിക്കുമ്പോൾ അതിന് സഞ്ചരിക്കുന്നതിന് ദേശകാലങ്ങളില്ല ദേശകാലങ്ങളൂടി അതാണ് അതുകൊണ്ടതിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി പ്രകാശത്തെ പോലെ ഒന്നിനും പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല മറിച്ച് അതിന്റെ പ്രകാശത്തിൽ സർവവും നിലനിൽക്കുക ബാഹ്യമായ വസ്തു സൂര്യനെ ആശ്രയിച്ചാലേ നിൽക്കുന്നു അത് സ്വതന്ത്രമാണ് സൂര്യന്റെ പ്രകാശം അവിടെ വന്നതിനെ പ്രകാശിപ്പിക്കുന്നു ഇവിടെ എന്താണ് ഈ ആത്മതത്വത്തിൽ നിന്ന് സ്വതന്ത്രമായൊന്നുമില്ല അതിൽ നിന്ന് വേറിട്ടൊന്നുമില്ല സർവവും അതിന്റെ പ്രതീതികളാണ് അതുകൊണ്ട് അവിടെ ഒരു സംക്രമണത്തിന്റെ ആവശ്യം അതിൽ ഗതി ക്രിയയുടെ ആവശ്യം അതിനെക്കുറിച്ച് പറയാമെന്നുള്ളത് എന്താണോ സവിതാവ് അതിന്റെ സ്വരൂപം തന്നെയായിരിക്കുന്നു പ്രകാശ് അതുപോലെ ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് ഈ പ്രകാശ ജ്ഞാനം അതുകൊണ്ട് അവിടെ ദേശാന്തരമില്ല ദേശാന്തര ഗമനമില്ല സംക്രാന്തി സംഭവിക്കുന്നില്ല ഇപ്പൊ മഹാജ്ഞാനിയായിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണോ അതിന് സൂര്യൻ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ ജ്ഞാനം ഏതെങ്കിലും ഒരു ജ്ഞാനം ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലെ അവിടെ ഈ അജ്ഞാനത്തിൽ നിന്ന് മുക്തമായി സ്വയം പ്രകാശിക്കുന്നു അതുകൊണ്ടാണ് സ്വരൂപസ്ഥിതൻ എന്ന് പറയുന്നത് വിഷയസ്ഥിതനായവൻ അത് വിട്ടിട്ട് സ്വരൂപസ്ഥിതനാകും അതിനെക്കുറിച്ച് പറയാനുള്ള വാക്ക് സാക്ഷാത് അപരോക്ഷം ബ്രഹ്മ എന്ന് പറയും അത് അപരോക്ഷമായിരിക്കുന്നു സ്വയം പ്രകാശിക്കുന്നു അതനുഭൂതി എന്ന് പറയുമ്പോൾ നമ്മൾ വിഷയാനുഭൂതികളെ പോലെ ധരിക്കും അതങ്ങനെയല്ല വിഷയാനുഭൂതി എന്ന് പറയുന്നത് എന്താണ് അത് ചിത്തവൃത്തികളുടെ സംക്രമണമാണ് ചിത്തവൃത്തിയൊക്കെ സംഭവിക്കുന്നു ചിത്തവൃത്തികൾ സൂക്ഷ്മമാണ് മനസ്സ് ബുദ്ധി ഇതല്ല അത് സൂക്ഷ്മമാണ് അത് ഭൗതികമാണ് അത് തൈജസ്വാണ് സൂര്യനെ പോലെ അതുകൊണ്ടത് സഞ്ചരിക്കുന്നു അത് വിഷയങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു വിഷയത്തെ ഗ്രഹിക്കുന്നു അതിൻ്റെ സംക്രമണമാണ് ജ്ഞാനത്തിൻ്റെ സംക്രമണമെന്ന് തെറ്റിദ്ധരിക്കുന്നു അത് വൃത്തികളുടെ സംക്രമണമാണ് അത് സംഭവിക്കുന്നുണ്ട് എങ്ങനെയാണോ ആകാശത്ത് നീങ്ങുന്ന സൂര്യൻ അതിൻ്റെ പ്രഭ ഭൂമിയിൽ സഞ്ചരിച്ചു ഭൂമിയിൽ പ്രകാശത്ത് കൊടുക്കുന്ന അതുപോലെ ജ്ഞാനസൂര്യൻ അതിൻ്റെ പ്രഭ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തുപോയി വിഷയങ്ങളെ ഗ്രഹിപ്പിക്കുന്നു എന്ന് നമ്മൾ ധരിക്കുന്നു ഈ ഉള്ളും പുറവും എല്ലാം ഭൂതങ്ങളെ ആശ്രയിച്ചിട്ടാണ് അല്ലാതെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനപ്രകാശത്തെ ആശ്രയിച്ചിട്ടല്ല സൂക്ഷ്മമായ ഈ അന്തക്കണ്ണ വൃത്തികൾ അതിശരീരത്തിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ അതിനുള്ളിലെന്ന് പറയുന്നു അത് പുറമേ പോകുന്നു ശരീരത്തെ ആശ്രയിച്ച് ശരീരത്തിലെ പ്രത്യേക ഗോളകങ്ങളിലിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിട്ട് പുറത്തു പോകുന്നു മനോവൃത്തികൾ പുറത്തു പോകുന്നു അത് ഇതുപോലെയുള്ള സൂര്യൻ അതിന്റെ പ്രകാശം അതിന്റെ സ്ഥാനത്തെ വിട്ട് ഭൂമിയിൽ വരുന്നത് അതുപോലെ ഈ അന്ധക്കരണ സഞ്ചരിക്കുന്നു ബാഹ്യമായി സഞ്ചരിക്കുന്നു അന്ധക്കരണത്തെയും അത് സദാ ചൈതന്യവത്തായിരിക്കുന്നുണ്ട് അതിനെയും ചൈതന്യം എന്ന് പറയും നമ്മൾ സാധാരണ ചൈതന്യം എന്ന് പറയുന്നത് ഈ അന്ധകരണത്തെയുണ്ട് അജമായിരിക്കുന്ന ആത്മാവിനെയുണ്ട് ജീവൻ എന്ന് പറയുന്നത് സാധാരണഗതി ഈ അന്ധകരണത്തെയുണ്ട് ആത്മാവിനെല്ലാ പറയുന്നത് ജീവൻ വന്നു ജീവൻ പോയി എന്നെല്ലാം പറയുന്നത് ഈ അന്ധകരണത്തെയാണ് കാരണം ഗതി വിഗതികൾ ഗമനാഗമനങ്ങളെല്ലാം അതിനെയുള്ളു ആത്മാവിനല്ല അതുകൊണ്ടിവിടെയും അന്ധകരണത്തിൽ ഈ സംക്രാന്തി സംഭവിക്കുന്നുണ്ട് അതിനെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ആത്മാവിന്റേതാണെന്ന് പറയുന്നു അല്ലെങ്കിൽ അന്ധകരണത്തിന്റെ അനുഭൂതികൾ സംഭവിക്കും അത് ആന്തരികമായ വിഷയങ്ങളെ സംബന്ധിച്ചാകാംഹ്യമായ വിഷയത്തെ സംബന്ധിച്ചാകാം ആത്മാവിനെ സംബന്ധിച്ചാകാം ആത്മാവിനെ സംബന്ധിച്ചാകാം എന്താണ് അന്ധകരണത്തിന്റെ അനുഭൂതി അവിടെയെല്ലാം എന്ത് വരുന്നു സംക്രമണം സംഭവിക്കുന്നു അന്ധകരണത്തിന്റെ ആത്മാനുഭൂതി എന്ന് പറയുന്നത് എന്താണോ ഇവിടെ ബാഹ്യമായ വിഷയങ്ങൾ ഉപാധികളാക്കിക്കൊണ്ട് ജ്ഞാനം പ്രകാശിക്കും അതാണ് വിഷയാനുഭവം വിഷയാനുഭവത്തിന് എന്ത് ചെയ്യുന്നു ഈ ജ്ഞാനം ബാക്കി വിഷയങ്ങൾ ഉപാധിയാക്കുന്നു പുസ്തകം അറിവുണ്ടാകും അതിനൊരു ഉപാധിയാക്കി പ്രകാശിക്കുന്നു അതുപോലെ ഈ അന്ധകണ്ണത്തിന് ആത്മാവിനെയും ഉപാധിയാക്കി പ്രകാശിക്കും അതന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു എങ്ങനെ ആത്മാവിനെ കുറിച്ച് ഒരാൾ സങ്കല്പിക്കുന്നു സച്ചിദാനന്ദമാണ് വിജ്ഞാനമാനന്ദമാണോ ഇങ്ങനെയൊക്കെ സങ്കല്പിക്കുന്നു സങ്കല്പു പറയുന്നത് എന്താണ് കേവലം മനോവൃത്തിയാണ് അതെത്ര ശ്രേഷ്ഠമായ സങ്കല്പമായാലും ശരിയുള്ള മനോവൃത്തികളാണ് അങ്ങനെ ആ സങ്കല്പത്തിലൂടെ അവന് തന്നെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു ഞാൻ സച്ചിദാനന്ദമാണോ ഇതാണ് ആത്മാവും പ്രകാശിക്കുന്നത് ചിത്തവൃത്തിനുമു അവിടെ എന്താണ് സങ്കല്പത്തിലുള്ള ഉപാധികളാണ് സച്ചിദാനന്ദം തുടങ്ങിയ സങ്കല്പത്തിലുള്ള ഉപാധികൾ ആ ഉപാധികളുടെ ആത്മാവ് പ്രകാശിക്കും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു അതും ഒരു അനുഭൂതിയാണ് ബാഹ്യമായ വിഷയങ്ങളെ ആശ്രയിച്ച് പ്രകാശിക്കുമ്പോഴും അനുഭൂതിയാണ് അങ്ങനെയുള്ള ഒരു സങ്കല്പത്തെയും ആശ്രയിക്കാതെ മനുഷ്യ എല്ലാ സങ്കല്പങ്ങളെയും നിരാകരിച്ചുകൊണ്ട് അത് കേവലമായി നിലനിൽക്കുക സത്തെന്നോ ചിത്തന്നോ ആനന്ദോ ഉള്ള സങ്കല്പങ്ങൾ കൂടാതെ അവിടെ മാത്രമാണ് ഈ അസംക്രാന്തി സംഭവിക്കുന്നത് ഇപ്പം മഹാജ്ഞാനി എന്ന് പറയുന്നത് അതാണ് അവിടെ ഉപാധിരഹിതമായി ആത്മാവ് പ്രകാശിക്കുന്നു പ്രത്യേകിച്ച് അതിനറിയണ്ട ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ചുള്ള അറിവുകളെല്ലാം അവിടെ ഇല്ലാതായിത്തീരുന്നു അതിനെയാണ് ഇവിടെ മഹാജ്ഞാനവത്വം എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഉള്ള മനോവൃത്തികളെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അഹം ബ്രഹ്മാസ്മി എന്നൊരു ജ്ഞാനം ഉണ്ടായനിച്ചു ആ ജ്ഞാനവും ഇവിടെ പറയുന്ന മഹാജ്ഞാനമല്ല എന്നർത്ഥം കാരണം അതും എന്താണ് അവിടെയും ആ ജ്ഞാനത്തിന് ഒരാകാരമുണ്ട് ഒരു വൃത്തിയുണ്ട് ആ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ ആ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായതാണെങ്കിൽ അതിന് നശ്ചേ പറ്റും അതല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണോ ഈ പ്രപഞ്ചത്തിൽ സത്യബോധത്തെ ഉണ്ടാക്കിത്തരുന്നത് തന്നിൽ ബന്ധമോക്ഷങ്ങളെയൊക്കെ കൽപ്പിക്കുന്നത് അതിന് മായ എന്ന് പറയും അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയും അവിദ്യ എന്ന് പറയും ഇതെല്ലാം സത്യമാണെന്ന് തോന്നിപ്പിക്കുന്നു ആവിദ്യ നശിക്കാൻ ശേഷിക്കുന്നത് അവിടെ ഒരു തരത്തിലുള്ള ജ്ഞാനസംക്രമണവും സംഭവിക്കുന്നില്ല അത് കുറച്ചുകൂടി വെളിപ്പെടുത്തുക എന്ന് പറയുന്ന സാധ്യമില്ല വാക്കുകൊണ്ടെന്ന് വെളിപ്പെടുത്താൻ പറ്റത്തില്ല വാക്കുകൊണ്ട് വെളിപ്പെടുത്തുന്നിടത്തെല്ലാം എന്ത് വരുന്നു ഈ ജ്ഞാനത്തിന്റെ സംക്രമണം സംഭവിക്കുന്നു അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു ജ്ഞാനവും അത് പ്രകാശിപ്പിക്കുന്ന ഒരു വിഷയവും വരും ഇവിടെ ജ്ഞാനവും അത് പ്രകാശിപ്പിക്കുന്ന ഒരു വിഷയവുമില്ല ആ വിഷയം തന്നെ സ്വസ്വരൂപമായി പ്രകാശിക്കുന്നു വിഷയമല്ലാതായി തീരുന്നു അത് പ്രകാശമാണ് സൂര്യനെ പോലെ സൂര്യൻ മറ്റുള്ളവല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു സർവത്തെയും അത് പ്രകാശിപ്പിക്കുന്നു പക്ഷേ അതിന് സ്വയം തന്നെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല തന്നെ അതിന് പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല കാരണം തന്നിൽ അന്ധതയില്ല അന്ധത ഉള്ളിടത്ത് എന്നാണോ അന്ധതയെ മാറ്റിയിട്ട് അവിടെ പ്രകാശിപ്പിക്കുന്നു അന്ധതയില്ലാത്തടത്ത് പിന്നെ എന്തിനത് പ്രകാശിപ്പിക്കുന്നു അതുപോലെ ആത്മാവിൽ സ്വസ്വരൂപത്തിൽ അന്ധതയില്ല അന്ധത ഇല്ലെങ്കിൽ തന്നെ അതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആത്മാവിനൊരിക്കലും സ്വയം ജ്ഞാനിയാകേണ്ട ആവശ്യമുണ്ട് എന്തിനാണ് ആത്മാവ് ജ്ഞാനിയാകുന്നത് എന്തിനെ പ്രകാശിപ്പിക്കാനാണ് തന്നെ അതിന് പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് പിന്നെ ആത്മാവിനെ ആത്മജ്ഞാനി എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് അവിടെ അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല പറയാം പുസ്തകത്തെക്കുറിച്ച് ജ്ഞാനങ്ങളോ പുസ്തകി അത് പറയുന്നത് ശരിയാണ് കാരണം അതിനെ അറിയാതിരിക്കുന്നു പിന്നെ അറിയുന്നു ഇത് മാറി മാറി സംഭവിക്കുന്നു അപ്പം അറിയുന്ന സമയത്ത് അതിന് ജ്ഞാനം വേണം അസ്വസ്വരൂപത്തെ സംബന്ധിച്ച് അങ്ങനെ അല്ല അതിന്റെ ആവശ്യം അവിടെ അസ്വയം അതൊരിക്കലും അറിഞ്ഞിട്ടില്ല ആദിബുദ്ധൻ എന്ന് പറഞ്ഞത് അതൊരിക്കലും ബന്ധനത്തിലായിട്ടില്ല അതാണ് പരമാർത്ഥം ഇവിടെ പറയുന്നത് പരമാർത്ഥമായ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ് എന്തെങ്കിലും ഉപാധി വച്ചുകൊണ്ട് സംസാരിക്കുന്ന എല്ലാ ഉപാധികളെയും നിഷേധിച്ചിട്ട് പറയുകയാണ് പരമമായ സത്യത്തെക്കുറിച്ച് നിരുപാധിയുമായി വെളിപ്പെടുത്തുകയാണ് ഈ ജ്ഞാനം സ്വരൂപഭൂതമായിരിക്കുന്ന ഈ ജ്ഞാനത്തെ അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത് അതിനെ മറ്റേതെങ്കിലും ഒരു ജ്ഞാനം കൊണ്ട് പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനമുള്ളവൻ ആണ് ജ്ഞാനി എന്നല്ല ജ്ഞാനി എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അടുത്ത് എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ജ്ഞാനി എന്ന് പറയുമ്പോൾ എന്തോ ഒരു വിശേഷജ്ഞാനമുള്ള ആളാണെന്ന് നമ്മൾ ധരിക്കും വിശേഷജ്ഞാനം ഉണ്ടാകാൻ ജ്ഞാനി ആകേണ്ട ആവശ്യമില്ല സർവ്വരും വിശേഷജ്ഞാനമുള്ളവരാണ് ജ്ഞാനത്തെ ആർജിക്കുന്നു ജ്ഞാനത്തിനുവേണ്ടി പരിശ്രമിക്കുന്നു ശ്രവണ മനന നിധ്യാസങ്ങൾ ചെയ്യുന്നു അതൊന്നും തന്നെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈ സ്വരൂപപ്രകാശത്തെ സംബന്ധിച്ച് ഈ സ്വരൂപപ്രകാശത്തിൽ എന്തെല്ലാം വിഭ്രാന്തികൾ നിലനിൽക്കുന്നു അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൽ നാനാത്വഭ്രാന്തി നിലനിൽക്കുന്നുണ്ട് സത്യത്വഭ്രാന്തി നിലനിൽക്കുന്നുണ്ട് ബന്ധമോക്ഷഭ്രാന്തികൾ നിലനിൽക്കുന്നുണ്ട് ഈ ഭ്രാന്തികളെ നിരാകരിക്കാൻ വേണ്ടി മാത്രം അതിന് വെളിച്ചം എപ്പോഴും ഇരട്ടിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അതിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല അങ്ങനെയൊരു ജോലി അതില്ല എന്തുകൊണ്ടാണ് സ്വയം പ്രകാശ സ്വരൂപമാണ് അത് പറയുന്നത് ജ്ഞാനത്തിൽ സംക്രമണം അത് സംഭവിക്കുന്നില്ല അവനും അത് നമുക്ക് പ്രതീതമാകുന്നത് ഭ്രാന്തമായിട്ടാണ് ആ ഭ്രാന്ത പ്രതീതി കേവലം ചിത്തവൃത്തികളുടേതാണ് അല്ലാതെ ജ്ഞാനത്തിൻ്റെത് അല്ല അത് അങ്ങനെയാണ് തൻ്റെതാണ് എന്നൊക്കെ ധരിക്കുന്നതിനാണ് ഇവിടെ ഭ്രാന്തി പറയുന്നത് അതിനൊരു ദിഷ്ടാന്തം പറഞ്ഞ് സവിതജീവ ഔഷ്ണിയും പ്രകാശനില് അതിന്റെ ഉഷ്ണവും പ്രകാശവും അതിന്റെ സ്വരൂപമായിരിക്കുന്നത് പോലെ അതുപോലെ ഇവിടെ സ്വരൂപമായിരിക്കുന്ന എന്താണ് നമ്മൾ പറയുന്ന സത്ത് ചിത്ത് അതിന്റെ സ്വരൂപം സത്താണ് ഉണ്മയാണ് അതിന്റെ സ്വരൂപം ചിത്താണ് അതിന്റെ സ്വരൂപം ആനന്ദമാണ് എന്നൊക്കെ പറയുന്നത് സൂര്യനിൽ പലത് കാണുന്നു ഉഷ്ണവും പ്രകാശവും എന്തായി പലത് ഇതിനെ വേർതിരിക്കാൻ കഴിയും അതിൻ്റെ പ്രകാശത്തിന് മാറ്റി ഉഷ്ണത്തെ മാറ്റിയെടുക്കാൻ കഴിയും കഴിയുന്ന എന്തുകൊണ്ട് ഇത് രണ്ടും ഒന്ന് ഒന്ന് തന്നെ കാണുന്നവൻ അതിനനുഭവിക്കുന്നവൻ അതിനെ രണ്ടായി അനുഭവിക്കുന്നു അവന്റെ തുക അനുഭവിക്കുമ്പോൾ അത് ഉഷ്ണമായി അവന്റെ ചക്ഷിരേന്ദ്രിയത്തിലൂടെ അതിനനുഭവിക്കുമ്പോൾ പ്രകാശമായി വസുത്തി ഒന്നാൽ ഈ വ്യത്യസ്തത എങ്ങനെ അനുഭവപ്പെടുന്നു അത് അനുഭവിക്കുന്നവൻ്റെ ആ ഇന്ദ്രിയങ്ങളുടെ സവിശേഷത കൊണ്ടാണ് ഉഷ്ണമായും പ്രകാശമായും അനുഭവപ്പെടുന്നത് കണ്ണില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് ഉഷ്ണമായി അനുഭവപ്പെടുന്നു പ്രകാശമായി അനുഭവപ്പെടുന്നില്ല നമ്മുടെ പ്രകാശമില്ല അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പൊ അതിന്റെ സ്വരൂപം എന്താണെന്ന് ചോദിച്ചാൽ അന്ധനെന്ത് പറയും അതിന്റെ സ്വരൂപം ഉഷ്ണമാണ് എന്ന് പറയും അഗ്നി ഉഷ്ണമുള്ളതാണ് എന്നവന് പറയാൻ പറ്റും പക്ഷെ അഗ്നി പ്രകാശമുള്ളതാണെന്ന് പറഞ്ഞാൽ അവന് കുടികിട്ടത്തിന് എന്താണെന്ന് കണ്ണില്ലാത്തവന് കണ്ണുള്ളവന് എങ്ങനെ പ്രകാശത്തെ ബോധ്യപ്പെടുത്താൻ പറ്റും കണ്ണുള്ളവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്പഷ്ടമാണ് പക്ഷെ കണ്ണില്ലാത്തവനെ അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരുപായത്തിൽ വാക്കുകൊണ്ടോ മറ്റെന്തെങ്കിലും ഒരു ഉപായത്തിലൂടെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് അത് അസാധ്യമാണ് അവന് കണ്ണുണ്ടാകുക അവന് കാഴ്ച ഉണ്ടാകുക എന്നുള്ള അല്ലാതെ പേരുടെ ഉപായമേ കാഴ്ച എവിടെ സംഭവിക്കണം പറയുന്നവൻ സംഭവിച്ചപ്പോല മറിച്ച് ആ പ്രകാശത്തെ ബോധ്യപ്പെടാൻ ശ്രമിക്കുന്നവന് തന്നെ സംഭവിക്കണം കാഴ്ച അവനും കാഴ്ച സംഭവിച്ചാലും പിന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല ഇത് പ്രകാശമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല അപ്പോ അവന് അപ്പോ അനുഭവപ്പെടുന്നു ഇത് പ്രകാശം ഇത് ഉഷ്ണം രണ്ട് സവിതാവ് തന്നെ അതുപോലെ ഇവിടെയും സത്ത് ചിത്ത് ആനന്ദം ഇത് മുന്നായി അനുഭവപ്പെടുന്ന എന്തുകൊണ്ട് അസ്തിത്വമാണ് ഈ അസ്തിത്വത്തെ ഞാൻ അറിയുന്നു അത് ഇതാനന്ദ ഈ ആനന്ദത്തെ ഞാൻ അറിയുന്നു ഇങ്ങനെ വ്യത്യസ്തമായി അറിയുന്നു ഒന്നിനെ തന്നെ വ്യത്യസ്തമായി അറിയുന്നു ഒന്നിന് മൂന്നുണ്ടായിട്ടല്ല എന്നാലും വ്യത്യസ്തത എങ്ങനെ അനുഭവപ്പെടുന്നു ഈ ചിത്തവൃത്തികളിൽ വരുന്ന വ്യത്യസ്ത മനോവൃത്തികളുടെ ഭേദം കൊണ്ടാണ് മനോവൃത്തികളിൽ ഈ സംക്രമണം സംഭവിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് മൂന്നും ഒന്ന് തന്നെയാണ് തന്റെ അസ്തിത്വം ഈ അസ്തിത്വത്തെ ബോധിപ്പിക്കുന്ന ആരാണ് അസ്തിത്വത്തെ ബോധിപ്പിക്കാൻ ഇവിടെ ഒന്നേ ഉള്ള എന്താണ് സ്വന്തം ബോധം ബോധത്തിനല്ലാതെ അസ്തിത്വത്തിനുമയെ ബോധിപ്പിക്കാൻ കഴിയും ബോധം പറയുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു ഉള്ളതാണ് എന്ന് പറയുന്നത് ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതുപോലെ ആ വസ്തുവിനെ ആശ്രയിച്ച് ബോധത്തെ പ്രകാശിപ്പിക്കുന്ന വസ്തുവെന്ന് പറയുന്ന ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് ബോധത്തെ പ്രകാശിപ്പിക്കുന്നതും ഈ അറിവ് തന്നെ ഉള്ളിലിരിക്കുന്ന ബോധം തന്നെ ആ ബോധം നിലനിൽക്കുന്നില്ലെങ്കിൽ ആ വസ്തുവിനെ സംബന്ധിച്ച് അസ്തിത്വമില്ല സുഷുതി ഈ വസ്തുക്കളെ സംബന്ധിച്ചുള്ള അസ്തിത്വമില്ല എന്തുകൊണ്ട് അവളെ ഈ ഉപാധിയിലൂടെ പ്രകാശിക്കുന്ന ബോധമില്ലാത്ത ബോധത്തെ ആശ്രയിച്ചാണ് അസ്തിത്വം നിൽക്കുന്നതെന്ന് മനസ്സിലാകും അ ബോധം ബോധത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് അവിടെ രണ്ടല്ല അത് അഗ്നിയുടെ പ്രകാശം എന്ന് പറയുന്നത് പോലെ അഗ്നിയുടെ പ്രകാശം എന്ന് പറയുന്നത് കൊണ്ടിരുണ്ടാവുന്നില്ല അഗ്നി തന്നെ പ്രകാശം അതുപോലെ ബോധത്തിന്റെ അസ്തിത്വം കാരണം ബോധത്തെ വിട്ടിട്ട് ഈ അസ്തിത്വത്തിന് നിലനിൽക്കാൻ കഴിയില്ലെങ്കിൽ അത് ബോധം തന്നെയാണ് ബോധസ്വരൂപം തന്നെയാണ് അതുപോലെ ചിത്ത് സത്ത് കഴിഞ്ഞു വരുന്ന ചിത്ത് ബോധം അത് വിഷയങ്ങളോട് ബന്ധപ്പെട്ട് പ്രകാശിക്കുന്നുണ്ടെങ്കിലും വിഷയങ്ങളിൽ നിന്നും അത് സ്വതന്ത്രമാണ് എങ്ങനെ മനസ്സിലാക്കാം വിഷയങ്ങൾ അനുക്ഷണം മാറിക്കൊണ്ടിരിക്കുന്നിടത്തും ആ ബോധസ്വരൂപത്തിന് മാറ്റമില്ല അതുകൊണ്ടത് വിഷയങ്ങളിൽ നിന്നും വേറിട്ടതാണ് വിഷയം മാറുന്നതിനനുസരിച്ച് ബോധം മാറുന്നതായി കാണുന്നില്ല സർവത്ര വിഷയങ്ങളിലും ബോധം അനുസരിതമായിരിക്കുന്നു അതുകൊണ്ടത് വിഷയത്തിൽ നിന്ന് സ്വതന്ത്രമാണ് വിഷയത്തെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ളതുമാണ് അഗ്നി പ്രകാശിപ്പിക്കുന്ന വിഷയം ഇരുട്ടിനെ മാറ്റി അത് പ്രകാശിപ്പിക്കുന്ന വിഷയത്തിൽ നിന്ന് അങ്കിന് സ്വതന്ത്രമാണ് അതേസമയം അതിനിക്ക് ആ വിഷയത്തെ പ്രകാശിപ്പിക്കാനും കഴിയും അതുകൊണ്ട് ആ സത്ത് ചിത്ത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അതുപോലെ ആനന്ദം എന്ന് പറയും ആനന്ദവും അസ്വരൂപം തന്നെയാണ് ആനന്ദമല്ലല്ലോ കാരണം ആനന്ദം ഓരോ വിഷയ അനുഭവത്തിലും ആനന്ദത്തെ അനുഭവിക്കുന്നു ആനന്ദത്തിൽ തന്നെ ഏറ്റക്കുറച്ചിലുണ്ട് ചെറിയ ആനന്ദം വലിയ ആനന്ദം ഇങ്ങനെ വാതെങ്ങനെ ബോധസ്വരൂപമാകും നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം ആനന്ദമായി നമ്മൾ ധരിക്കുന്നത് അത് കേവലം മനോവൃത്തികളെ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം പരമവുമായ ആനന്ദം എന്ന് പറഞ്ഞത് അത് പറഞ്ഞു ആദിശാന്ത അതിശാന്തിയാണ് അതായത് സംക്രമണം ഇല്ലാതിരിക്കുന്ന ബോധം അതാണ് ബോധ സംക്രമണം നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഈ ആ ചിത്തവൃത്തികളെല്ലാം എല്ലാം അനുഭവപ്പെടും തത്തും അസത്തും സുഖവും ദുഃഖവും എല്ലാം അനുഭവപ്പെടും അത് ഈ ബോധഛഛായയുള്ള ചിത്തവൃത്തികളുടെ സംക്രമണമാണ് ചിത്തവൃത്തികളുടെ സംക്രമണം സംഭവിക്കുമ്പോൾ എന്താണ് അത് കാറ്റത്ത് വലയുന്ന ദീപം പോലെയാണ് അത് അസ്വസ്ഥമായിരിക്കുന്നു അതാണ് നമ്മുടെ ദുഃഖവും സുഖവുമല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോൾ ദീപം വലയുന്നു കാട്ടിവീശാതിരിക്കുമ്പോൾ അത് നിശ്ചലമാവും അതിന്റെ മനോവൃത്തികളാണ് മനോവൃത്തികളുടെ ചലനങ്ങളാണ് അതിനുള്ള സംക്രമണമെന്ന് പറയുന്നു അപ്പൊ ആനന്ദം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനന്ദത്തെക്കാൾ വലിയ ആനന്ദമെന്ന് നമ്മൾ അത് നമ്മൾ നമ്മുടെ പ്രതീക്ഷയിലുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രതീക്ഷയിലുള്ള ആനന്ദമല്ല നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ശ്രുതി പറയുന്നത് അത് ഒരു യുവാവിന്റെ ആനന്ദം അതിനും വലിയ രാജാവിന്റെ ആനന്ദം അതിനും വലിയ ദേവന്മാരുടെ ആനന്ദം അതിനും വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ വൈ പ്രതീക്ഷിക്കുന്നതൊക്കെ എന്തിനാണ് വലിയ ആനന്ദത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ സാപേക്ഷികമായ ആനന്ദത്തെ നമുക്ക് താരതമ്യപ്പെടുത്താനുള്ള ആനന്ദത്തെ ശ്രുതി അതിനെ താരതമ്യപ്പെടുത്തുന്ന എന്തിനു വേണ്ടി താരതമ്യപ്പെടുത്തിപ്പെടുത്തി ഇതൊരു വലിയ ആനന്ദമാണെന്ന് നമ്മൾ ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ധരിക്കുന്നത് അങ്ങനെയാണ് അവസാനം ഒരു ആനന്ദം വരെ അത് സഹിക്കാൻ പറ്റത്തില്ല ആനന്ദത്തിൽ നിന്ന് തലകുത്തി മാറി ഇങ്ങനൊരാനന്ദ മോക്ഷം ഇതൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നതാണ് ശ്രുതി അതിനെ താരതമ്യപ്പെടുത്തുന്ന എന്താണ് ഇത് നമ്മുടെ സങ്കല്പത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല നമുക്ക് സങ്കല്പിച്ചാൽ അങ്ങേറ്റ സങ്കല്പിക്കാവുന്ന ഈ തലവുത്തി മറിയുന്ന ആനന്ദത്തെയാണ് അതിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല വേറെ പല ഉപായങ്ങളും ഉണ്ട് കാലത്തറയിൽത്തൊടാകുന്നു ആനന്ദിക്കാനുള്ള വിദ്യകൾ വേറെയുണ്ട് അതിനുപനിഷത്തിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആനന്ദങ്ങൾ അതല്ല നമ്മൾ അനുഭവിക്കുന്ന ആനന്ദങ്ങളാണ് ഇവിടെ ആനന്ദത്തെ കുറിച്ച് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത് ആ ശാന്തി ഇവിടെ കീഴടമായ ഉണ്മയെ ബോധത്തെയാണ് ഇവിടെ ആനന്ദം എന്ന് ആനന്ദം എന്ന് പറയുന്നത് അതിന്റെ നിശ്ചരതയാണ് മറ്റു നമ്മൾ അനുഭവിക്കുന്ന ആനന്ദങ്ങൾ സമാധിയിൽ വരെ അനുഭവിച്ചാലും ശരി അതെല്ലാം ചിത്തവൃത്തികളാണ് അത് കവിഞ്ഞ ഒരു ആനന്ദമല്ലിവിടെ ആനന്ദം എന്ന് പറയുന്നത് അല്ലാതെ അന്ധക്കരണ വൃത്തിയിലൂടെ വെളിപ്പെടുന്ന സുഖമല്ലാതെ എത്ര വലിയ സുഖമായാലും ശരി ആ സുഖത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു അത് എത്ര വലിയ സുഖമായാലും ശരി അവിടെ നിശ്ചലത വരത്തില്ല അവിടെ ത്രിപുടി വരും വലിയ ആനന്ദമുണ്ടാകും നമ്മൾ തുച്ഛമായ വിഷയങ്ങളെ അനുഭവിക്കുന്നതിനും വലിയ ആനന്ദം നമ്മുടെ മനസ്സിൽ തന്നെ കണ്ടെത്താൻ പറ്റും വിഷയങ്ങളെ ആശ്രയിക്കാതെ മറ്റ് വിഷയങ്ങളെ ആശ്രയിക്കാതെ മനസ്സിൽ തന്നെ ആനന്ദം പ്രകടമാകും പക്ഷെ മനസ്സിൽ പ്രകടമാകുന്ന ആനന്ദവും മനോവൃത്തിയാണ് അകാരണമായി ദുഃഖിക്കുന്നത് പോലെ തന്നെ മനുഷ്യന് അകാരണമായി ആനന്ദിക്കാറുണ്ട് അതിന് അകാരണമെന്ന് പറഞ്ഞാൽ ഖേദ് പറയുന്നുണ്ട് പുണ്യം പുണ്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആനന്ദം വരും അതിനുവേണ്ടി അഭ്യാസങ്ങൾ ചെയ്താലും സമാധി പോലെയുള്ള കാര്യങ്ങൾ പരിശീലിച്ചാലും ആനന്ദം വരും സമാധിയുടെ ആനന്ദവും പരമവുമല്ല എന്തുകൊണ്ട് സമാധി നശിക്കുന്നതാണ് സമാധിയിലെ ആനന്ദവും നശിച്ചു പോവും അത് വലിയ ആനന്ദമാണ് സംശയമില്ല അത് പരിശ്രമിച്ച് നേരിടണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അത് പരമല്ല അതല്ല ഇവിടെ പറയുന്നു ചിത്രവൃത്തിയിലൂടെ അനുഭവിക്കുന്ന ആനന്ദത്തെയല്ല ആനന്ദത്തിലെല്ലാം എന്ത് സംഭവിക്കും ഈ സംക്രമണം അത് സംഭവിക്കും അവിടെയും പരിണാമങ്ങൾ സംഭവിക്കും അതുകൊണ്ടാണ് ഈ ആനന്ദത്തെ കുറിച്ച് പറയുമ്പോൾ നിരദിശയാനന്ദം എന്ന് പറയുന്നത് നിരദിശയാനന്ദ അവിടെ ഏറ്റക്കുറച്ചിരില്ല പരിണാമങ്ങളില്ല അത് വലിയ ആനന്ദമല്ല നമ്മുടെ സങ്കല്പത്തിലുള്ള ആനന്ദമല്ല അത് സങ്കല്പാതീതമാണ് അതെന്താ ആനന്ദം എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് നമ്മൾ സത്തെന്നും ചിത്തെന്നും പറയുന്നത് അത് തന്നെയാണ് ആ സത്യജിത്ത് എന്താണ് അത് കേവലമായ ആ ജ്ഞാനസ്വരൂപം ഇവിടെ നമ്മൾ ധരിക്കുന്നത് പോലെയുള്ള ആനന്ദത്തിന്റെ വെള്ളപ്പാച്ചിലൊന്നും സംഭവിക്കത്തില്ല ചിലർ അങ്ങനെ വലിയൊരു ആനന്ദം അനുഭവിക്കുന്നു എന്നൊക്കെ ഭാവിക്കാറുണ്ട് അബദ്ധമാണൊക്കെ അതിലൊന്നുമില്ല ആനന്ദം അനുഭവിക്കാം പക്ഷേ അത് ഈ പരമമായ ആനന്ദമല്ല അത് അനുഭവത്തിന് കിട്ടുന്ന അതനുഭവിക്കുന്ന ഒന്നല്ല അത് സത്തും ചിത്തം നിന്ന് വേറെയല്ല അത് ഈ കേവലമായ നിരുപാധികമായ നിരദ്ദിശയമായ ബോധം തന്നെയാണ് പിന്നെന്താ അവിടെ അതിനു വിളിക്കുന്നത് അവിടെ ഇന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ആനന്ദം ചെറിയ ആനന്ദം അതല്ല വലിയ ദുഃഖം ചെറിയ ദുഃഖം അതില്ല അതുകൊണ്ടാണ് അതിനുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്നുവരെ അനുഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ആനന്ദവുമായി താരതമ്യപ്പെടുത്തിയിട്ട് ഇനി ഇതിലും വലിയ ആനന്ദമാണ് മോക്ഷം എന്നല്ല പറയുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്തുവരും സത്ത് വേറെ ചെത്ത് വേറെ ആനന്ദം വേറെ അങ്ങനെ മൂന്നെണ്ണം ഉണ്ടെന്ന് വരും അദ്വൈതം ദ്വൈതമായി മാറും അതല്ല ഇവിടെ പറയുന്നത് അതുകൊണ്ട് അങ്ങനൊരു വലിയ ആനന്ദത്തെ പ്രതീക്ഷിച്ച് അങ്ങനെ ആനന്ദത്തിൽ മുഴുകി അങ്ങനെയൊരു മോക്ഷം അതാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി ഉപനിഷത്ത് ശ്രവിക്കേണ്ട വേറെ വഴികളുണ്ട് അതല്ല ഇവിടെ പറയുന്നത് അത് ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞു ഈ സംക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ജ്ഞാനത്തിന്റെ സംക്രമണം സംഭവിക്കുന്നില്ല സത്തിന്റെ സംക്രമണം സംഭവിക്കുന്നില്ല ആനന്ദത്തിന്റെ സംക്രമണം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് മഹാജ്ഞാനിയെക്കുറിച്ച് പറയണം അജ്ഞാനിയിൽ ഇതല്ല സംഭവിക്കുന്നു അജ്ഞാനിയെ സംബന്ധിച്ച് ജ്ഞാനത്തിന്റെ സംക്രമണം സംഭവിക്കുന്നു അവന്റെ അറിവ് ഈ വിഷയങ്ങളോട് ചേർന്ന് തന്നെ നിൽക്കുന്നു അവൻ അനുഭവിക്കുന്ന എന്താണോ അത് ആനന്ദമായാലും സുഖമായാലും ദുഃഖമായാലും മറ്റു വിഷയങ്ങളായാലും അവനോട് ചേർന്ന് നിൽക്കും അപ്പം അവിടെ അവൻ്റെ ജ്ഞാനത്തിൽ സംക്രമണം ഉള്ളതുപോലെ അവൻ അനുഭവപ്പെടുന്നു അവനൊരു ജ്ഞാനത്തിൽ നിന്ന് വേറൊരു ജ്ഞാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അനുകൂല ജ്ഞാനം പ്രതികൂല ജ്ഞാനം ഉണ്ടാകുന്നു ബന്ധജ്ഞാനം മോക്ഷജ്ഞാനം ഉണ്ടാകും സുഖ ദുഃഖജ്ഞാനങ്ങളെല്ലാം ഉണ്ടാകുന്നു ഇത് സംക്രമിക്കുന്ന ജ്ഞാനമാണ് അതുപോലെ തന്നെ അവന്റെ ഉണ്മ സത്ത അതവൻ ആ സത്ത അവൻ വിഷയങ്ങളോട് ബന്ധപ്പെടുത്തി അവൻ അനുഭവിക്കാൻ കഴിയുന്നു തന്റെ ഉണ്മയല്ല അവൻ ബോധ്യപ്പെടുന്നു പ്രപഞ്ചത്തിന്റെ ഉണ്മയാണ് അവൻ പ്രപഞ്ചത്തെ സായിയായും സത്യമായും കരുതുന്നു ശരീരത്തെ സത്യമായും കരുതുന്നു ശരീരത്തെ ആത്മാവായി കരുതുന്നു എന്ന് പറയുന്ന അതാണ് അവിടെ എന്ത് വരുന്നു അവൻ ആ സത്തയുടെ സംക്രമണം അവൻ അനുഭവപ്പെടുന്നു അതുപോലെ ആനന്ദത്തിൽ അവൻ നാനാ തരത്തിലുള്ള ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് സ്വസ്വരൂപമല്ല സ്വസ്വരൂപത്തിലാണെങ്കിൽ അങ്ങനെ ജ്ഞാനം വരികയും മാറിപ്പോവുകയും ചെയ്തിട്ടില്ല അതിന് നാനാത്വമില്ല അതിന് ഏറ്റക്കുറച്ചിലില്ല പക്ഷെ ജ്ഞാനത്തിലവൻ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ജ്ഞാനത്തെ അവന് നിക്ഷേപമായിട്ടാണ് അനുഭവപ്പെടുന്നത് ജ്ഞാനത്തെ അവൻ ശാന്തിട്ടുള്ള അനുഭവിക്കുന്നു പറഞ്ഞാൽ ആദിശാന്തി ഇവിടെ ആനന്ദം ആനന്ദത്തെ ശാന്തിയായിട്ടുള്ള അനുഭവിക്കുന്നു ഇവിടത്തെ ആനന്ദം എന്ന് പറയുന്നത് എന്താണ് അത് നിവൃത്ത രൂപമാണ് നിത്യനിവൃത്ത രൂപമാണ് ആനന്ദം എന്ന് പറയുന്നത് ആനന്ദത്തെ കുറിച്ച് പറയുന്ന എന്താണ് അത് ദുരിത നിവൃത്തിയാണ് എന്നാണ് പറയുന്നത് ദുരിതം നിവർത്തിച്ചിരിക്കുന്നതാണത് ആനന്ദം ആ ദുരിതം നിവൃത്തിരിച്ചിരിക്കുന്ന എന്താണത് ശൂന്യമാണോ അല്ലെങ്കിൽ ചോദിക്കും ആ ദുരിതം നിവൃത്തി എന്ന് പറയുന്നത് ശൂന്യമാണോ അത് സത്താണോ അല്ലെങ്കിൽ അത് വലിയ ആനന്ദമാണോ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ സങ്കല്പങ്ങളൊന്നുമല്ല എന്നാണ് അതിന്റെ സമാധാനം അതിനെക്കുറിച്ച് എന്തെല്ലാം സങ്കല്പങ്ങളുണ്ടോ ആ സങ്കല്പങ്ങളെല്ലാം നിലച്ചിരിക്കുന്നതാണ് അതാണ് ഇവിടെ പറയുന്ന പരമമായ അതുകൊണ്ട് അജാതിയെ കുറിച്ച് പറയുന്നിടത്ത് വെറുതെ ആരും വലിയ ആനന്ദത്തെ പ്രതീക്ഷിക്കരുത് വലിയ ആനന്ദത്തെ പ്രതീക്ഷിച്ചുണ്ടാക്കിയിട്ടും കാര്യമില്ല അത് നിക്കത്തില്ല നമ്മൾ പ്രതീക്ഷിച്ച് പണിപ്പെട്ടുണ്ടാക്കിയെന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു ആനന്ദത്തെ നേടിയിട്ടെന്താ കാര്യം വീണ്ടും നിരാശയിലേ കൊണ്ടെത്തിക്കും ഇപ്പോൾ നമ്മൾ ധരിക്കുന്നതുപോലെ മോക്ഷം ഒരു വലിയ ആനന്ദമാണെങ്കിൽ മോക്ഷവും നമ്മളെ നിരാശയിലേക്ക് നയിക്കും കാരണം അതുണ്ടായി വലുതാണ് വലിയ മലകളൊക്കെ അവസാനം സമതലമാകുന്നത് അതുപോലെ ഈ വലിയ ആനന്ദവും അവസാനവും ഒന്നുമില്ലാതായിരിക്കും ഇപ്പോൾ ഈ സങ്കല്പങ്ങൾ ഈ സംക്രമണങ്ങൾ ഇല്ലാതിരിക്കുന്നവനെയാണ് പ്രത്യേകിച്ച് ബന്ധമോക്ഷങ്ങളെ സംബന്ധിച്ച് സത്യദാനന്ദ സംബന്ധിച്ചൊക്കെയുള്ള ഇത്തരം ഭ്രാന്തികൾ ഇതില്ലാതിരിക്കുന്നവനാണ് ഇവിടെ മഹാജ്ഞാനി എന്ന് പറഞ്ഞിരിക്കുന്നത് അവന്റെ ശാന്തി അവന്റെ ആനന്ദം അതവന്റെ സ്വരൂപം തന്നെയാണ് അത് തന്നെയാണ് അവന്റെ മോക്ഷവും അതവൻ ഉണ്ടാക്കിയെടുത്തതല്ല പരിശ്രമിച്ചുണ്ടാക്കിയെടുത്തല്ല അതവന് സഹജമായി നിലനിൽക്കുന്നതാണ് അവൻ സഹജസ്ഥിതനായിരിക്കുന്നു അവനിൽ ഇത്തരത്തിലുള്ള ബന്ധമോഷങ്ങളെക്കുറിച്ചുള്ള വ്യാമോഹങ്ങളില്ല എല്ലാവരും ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്ന സർവരുമെന്താണ് ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള വ്യാമോഹത്തിലാണ് ആ വ്യാമോഹത്തിൽ നിന്നുകൊണ്ടാണ് ഓരോന്നും കളയാനും ഓരോന്നിനെ നേടാനും ശ്രമിക്കുന്നു ആ വ്യാമോഹത്തിൽ നിന്നുകൊണ്ട് ഈ സംസാരത്തെ കളയാൻ ശ്രമിക്കുന്നു വ്യാമോഹത്തിൽ നിന്നുകൊണ്ട് തന്നെ നിർദ്ദേശമായ ആനന്ദം മോക്ഷം ഇതിനെയൊക്കെ നേടാൻ ശ്രമിക്കുന്നു അപ്പൊ ഇവിടെ കളയേണ്ടത് എന്താണ് ഈ വ്യാമോഹത്തെയാണ് അല്ലാതെ നിങ്ങൾ കളയാൻ ഉദ്ദേശിക്കുന്ന ഒന്നിനിയല്ല ഈ വ്യാമോഹത്തെ കളയുക എന്നുള്ളതൊന്നു മാത്രമേ ഉള്ളൂ പിന്നീടവിടെ പ്രത്യേകിച്ചൊന്നും ശേഷിക്കുന്നില്ല പ്രതീക്ഷിക്കാൻ വേണ്ടി മറ്റൊന്നും ഇവിടെ ശേഷിക്കുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് സംക്രമണരഹിതമാണ് അസംക്രാന്തം അർത്ഥാന്തരെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ സങ്കല്പങ്ങൾ തന്നെ അർത്ഥം എന്ന് പറയുന്നത് ആത്മാവിനെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ നിങ്ങളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുന്നു എന്നല്ല ഈ സത്യവസ്തു അതിൽ സംക്രമണമില്ല നിങ്ങൾ സങ്കല്പങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതിനാണ് മായ എന്ന് പറയുന്നത് അത് ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് അർത്ഥാന്തരേ സംക്രമതി ജ്ഞാനം അജം അതാണ് അജം ജ്ഞാനം എന്ന് പറയുന്നത് യസ്മാക്രമതി അർത്ഥാന്തര ജ്ഞാനം തേന കാരണേന അസംഘം അത് അതിനെ കുറിച്ച് അതേ പറയാൻ പറ്റും അസംഘം എന്നേ പറയാൻ പറ്റൂ നിഷേധാത്മകമായി പറയും അസംഘം സംഘമില്ലാത്തത് എന്ന് വെച്ചാൽ അവിടെ നിഷേധത്തെ നിഷേധിക്കുകയാണ് കേവലം നിഷേധമല്ല നമ്മൾ എല്ലാത്തിനും നിഷേധാത്മകമായി അറിയും സംഘം അത് സത്യത്തിന് വിരുദ്ധമായ കാര്യമാണ് സംഘം എന്ന് പറയും മനസ്സ് സർവത്തിനോടും സംഘപ്പെട്ടുകൊണ്ടിരിക്കും സർവ്വ വിഷയങ്ങളും അതാണ് നിഷേധം എന്തുകൊണ്ടത് സത്യമല്ല അപ്പോൾ നിഷേധത്തെ നിഷേധിക്കുന്നതാണ് ഇവിടുത്തെ സത്യം കേവല നിഷേധമല്ല അത് ഭ്രാന്തി നിഷേധിക്കാ ഭ്രാന്തിയാണ് ഏറ്റവും വലിയ നിഷേധം ഈ അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ഈ സത്യത്തെ വെളിപ്പെടുത്തുന്നത് എങ്ങനെ ഭാവാത്മകമായിട്ടാണോ അതിന് നിഷേധാത്മകമായിട്ടാണോ എന്തുകൊണ്ട് ഇതിനെ ഭാവാത്മകമായി വെളിപ്പെടുത്താൻ കഴിയുന്നില്ല എന്തിനു നിങ്ങൾ ഇതിനെ നിഷേധാത്മകമായി വെളിപ്പെടുത്തുന്നു നിഷേധാത്മകമായി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ സാധാരണഗതി സംഭവിക്കുന്നത് ശൂന്യതയാണ് നിഷേധാത്മകമായി നിങ്ങളെതിനെ വെളിപ്പെടുത്തിയ അവസാനം ശൂന്യതയിൽ ചെന്നെത്തുമെന്ന് പറയുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ നിഷേധാത്മകമായി തന്നെയാണ് വെളിപ്പെടുത്തുന്നത് പക്ഷെ ഇവിടെ എന്തിനാണ് നിഷേധിക്കുന്നത് നിഷേധത്തെയാണ് നിഷേധത്തെ നിഷേധിച്ചു കഴിയുന്നത് കേവല നിഷേധമല്ല നിഷേധത്തിന്റെ നിഷേധം എന്ന് പറയുമ്പോൾ എന്തായി വീണ്ടും അത് സത്യമായി സത്യത്തെ സംബന്ധിച്ച നിഷേധങ്ങൾ ഇരിക്കുന്നു അതിനെ നിഷേധിക്കുന്നു ഫലത്തിനെന്തായി നിഷേധത്തെ നിഷേധിക്കുമ്പോൾ ഇതിനെ പ്രതിപാദിക്കുന്നത് ഭാവാത്മകമായി തന്നെ ശൂന്യതയിലെത്തുക എന്തുകൊണ്ട് ആ ശൂന്യതയും ആ നിഷേധത്തിൽപ്പെടുന്നതാണ് ശൂന്യതയാകുന്ന നിഷേധത്തെയും നിഷേധിക്കും ഭാവത്തിരത്ത് ആ രീതിയിലാണ് ഇവിടെ തത്വത്തെ പ്രതിപാദിക്കുന്നത് അതാണ് ജ്ഞാനം അജമിഷ്യത ജ്ഞാനം അജമായിരിക്കുന്നു തസ്മാക്രമത അർത്ഥാന്തരേ ജ്ഞാനം നമുക്ക് ഒരു തരത്തിനും ജ്ഞാനം അർത്ഥാന്തരങ്ങളിലേക്ക് സംക്രമിക്കുന്നില്ല നമ്മുടെ സങ്കല്പങ്ങളെ പിന്തുടരുന്നോന്നല്ല ജ്ഞാനം മറിച്ച് ജ്ഞാനത്തിൽ ഉള്ള വ്യാമോഹങ്ങളാണ് കേവല വ്യാമോഹങ്ങളാണ് ഈ സങ്കല്പങ്ങൾ അപ്പൊ പിന്നെ അറിഞ്ഞതിന് ജ്ഞാനം പിന്തുടരുന്നു എന്നാണ് ഞാൻ കസേരയിൽ ഇരിക്കുന്നു അതേ കസേര എന്നിലിരിക്കുന്നു തിരിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ കസേരയിൽ ഞാനിരിക്കുന്നു പറയാൻ പറ്റൂ എന്നിൽ കസേര ഇരിക്കുന്നു പറയാൻ പറ്റത്തില്ല അപ്പൊ കസേരയാണ് എനിക്ക് ആശ്രയം എന്റെ സ്ഥിതി കസേര ആശ്രയിച്ചിട്ടാണ് എന്റെ സ്ഥിതിയെ സംബന്ധിച്ച് മുഖ്യമായിരിക്കുന്നത് എന്താണ് എന്റെ കസേരയാണ് അല്ലാതെ കസേര എന്നെ ആശ്രയിച്ചു തിരിച്ചാണ് നമ്മൾ ഭ്രമിക്കുന്നിവിടെ എന്താണ് ഈ ജ്ഞാനം നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു ഭ്രമമാണ് ജ്ഞാനത്തെ ആശ്രയിച്ച് മനസ്സ് നിൽക്കുന്നു മനസ്സിൽ സംക്രമണം സംഭവിക്കുന്നു അതാണ് പ്രദിക്ഷിണ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു ജ്ഞാനമാണെങ്കിലോ അതിന് ഈ സംക്രമണത്തിനുള്ള സത്യം നൽകിക്കൊണ്ടു സത്താസ്ഫൂർത്തിയെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവിടെ ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അവിടെ ഈ ചിത്തത്തിന്റെ സംക്രമണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് അർത്ഥാന്തരങ്ങളിലേക്ക് സംക്രമിക്കുന്നു ജ്ഞാനം നർമ്മത അർത്ഥാന്തരേത്തേന കാരണേന അസംഗം അതുകൊണ്ട് അതിന് അസംഗതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആ സംഘതെന്ന് പറയുന്നത് നിഷേധത്തിന്റെ നിഷേധമാണ് സംഘത്തെ നിഷേധിക്കലാണ് സംഘം എന്ന് പറയുന്നതാണ് ആദ്യത്തെ നിഷേധം പിന്നെ അതിനെ നിഷേധിക്കും സംഘം എന്തുകൊണ്ട് നിഷേധമാകുന്നു അത് പരമാർത്ഥമില്ലാത്ത ഞാന സ്വരൂപത്തിൽ സംഘത്തിന് മഴ യാതൊരു വഴിയുമില്ല സംഘം എന്ന് ഒന്നിനോടുമുള്ള ബന്ധനത്തിനവിടെ വഴിയില്ല ആ സ്വരൂപത്തിൽ സ്വരൂപത്തിൽ ബന്ധനത്തിന് വഴിയില്ലെങ്കിൽ ഇതും അത് അനുഭവപ്പെടുന്നു അതാണ് സംഘവും അപ്പൊ അതിനെ നിഷേധിക്കുന്നു അതാണ് നിഷേധത്തിന്റെ നിഷേധമെന്ന് പറഞ്ഞു അപ്പൊ ആ സ്വരൂപമോ അത് സ്വയം പ്രകാശിക്കുന്നു നിഷേധത്തെ നിഷേധിച്ചാൽ സംഘമാകുന്ന നിഷേധത്തെ നിഷേധിച്ചാൽ പിന്നെ അത് സ്വയം പ്രകാശിക്കുന്നതാണ് അസംഘം എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ഇതിനസം തത്വം അതിനെ ഇവിടെ മറ്റൊന്നിനോട് ഉപമിക്കാനില്ല എന്തിനോട് ഉപമിക്കും അതിന് ആകാശകൽപ്പം ആകാശ തുല്യം എന്നെ പറയാൻ പറ്റും ഇവിടെ അതിനെ ഉപയോഗിക്കാൻ പരവുമായൊരു ഒരു ദൃഷ്ടാന്ത ആകാശം മാത്രമേ ഉള്ളൂ അനുഭവത്തിൽ അസംഗമായിട്ട് ഒരു വസ്തുവിഹ്യമായി ആകാശം എന്തുകൊണ്ട് ഈ ആകാശത്തിലാണ് സർവക്രിയകളും സർവകർമ്മങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പക്ഷികൾ വറക്ക് മാത്രമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനന്ത താരാഗ്രഹങ്ങളെല്ലാം ഇതിൽ ൊണ്ടിരിക്കുകയാണ് പക്ഷേ ആകാശത്തിൽ എന്തെങ്കിലും ക്രിയുണ്ടോ ആകാശത്തിൽ സംക്രമണം സംഭവിക്കുന്നുണ്ടോ സംക്രമണം സംഭവിക്കുന്ന ഇവിടെ സൂര്യനും ചന്ദ്രനും ഭൂമിയിലും ഒക്കെയാണ് അവിടെയാണ് ക്രിയകൾ സംഭവിക്കുന്നത് അതിന് ആകാശം തടസ്സമല്ല ചോദിക്കും ഇത് നിസ്സംഗമാണെങ്കിൽ എന്തിനിതിനിതൊക്കെ സംഭവിക്കണം പ്രപഞ്ചം എന്തിനുണ്ടാകണം ഈ അനുഭവങ്ങൾ എന്തിനുണ്ടാകണം എന്ന് ചോദിക്കും കാരണം ആകാശത്തിൽ ഈ ക്രിയ സംഭവിക്കുന്ന സൂര്യനും ചന്ദ്രനും എല്ലാം സഞ്ചരിക്കുന്നതിന് ആകാശം തടസ്സം സൃഷ്ടിക്കുന്നില്ല അത് ഒന്നിനും മറ്റൊന്ന് ചിലപ്പോൾ തടസ്സം സൃഷ്ടിച്ചെന്ന് വരാം ഒന്നും മറ്റൊന്നിൽ ചെന്ന് കൂട്ടിയിടി പക്ഷെ ആകാശം തടസ്സം സൃഷ്ടിക്കുന്നില്ല എന്തുകൊണ്ട് അതാണ് ആകാശത്തിന്റെ സ്വഭാവം അതിനസതെന്ന് പറയുന്നു അതാണ് ആകാശത്തിന്റെ അസംഗത അപ്പോ ഈ അതിൽ സഞ്ചരിക്കുന്ന സൂര്യനോ ചന്ദ്രനോ ഒന്നിനോ അസംഗനാകാൻ പറ്റത്തില്ല എന്തുകൊണ്ട് കാരണം അത് ഏത് സമയവും കൂട്ടിമുട്ടാം അതൊന്നും മറ്റൊന്നിന് തടസ്സമാണ് ഒന്നും മറ്റൊന്നിന് വിരോധമാണ് ഒന്നിന്റെ ആ സംക്രമണ പാതയിലേക്ക് മറ്റൊന്ന് കടന്നു വന്ന രണ്ടും തകര് അതിന് ഒഴിഞ്ഞുമാരെ സഞ്ചരിക്കേണ്ടി വരും എന്ത് അതിന് സംഘമുണ്ട് പരസ്പരം എപ്പോഴും സംഘത്തിലിരിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ നമ്മൾ പറയുന്നത് ആകർഷിക്കുന്നു വേലുതരത്തിൽ പറയുന്നു അതാണ് അതിന്റെ സംഘം പക്ഷെ ആകാശം എന്തിനെങ്കിലും ആകർഷിക്കുന്നുണ്ട് ആകാശം എന്തിനെങ്കിലും തടസ്സം നിക്കുന്നുണ്ട് അതാണ് ആകാശത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് മറിച്ച് ആകാശത്തിന്റെ പ്രത്യേകത എന്താണ് ആകാശമാണ് ഇതിനെല്ലാം നിലനിർത്തുന്നത് ഇതിനെല്ലാം തന്നിൽ നിലനിർത്തുന്ന ആകാശമാണ് എങ്ങനെ അത് നിലനിർത്തുന്നു ഈ ഭൂമിയിൽ അതിനൊന്നിനെ നിലനിർത്തണമെങ്കിൽ അതിന് സംഘപ്പെടണം സംഘപ്പെട്ടതിനെ നിലനിർത്താൻ പറ്റും അതിനോട് ചേർച്ച വേണം അതിനെ ആകർഷിക്കണം ആകാശത്തിന് അതിന്റെ ആവശ്യമില്ല ആകാശം നിസ്സംഗമായിരുന്നു കൊണ്ട് ഒന്നിനും തടസ്സം സൃഷ്ടിക്കാതെ സർവത്തെയും തന്നിൽ നിലനിർത്തുന്നു കാശത്തിന് ഇത് ചെയ്യാമെങ്കിൽ ആകാശത്തേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന ഈ ബോധത്തിന് സ്വയം തന്നിൽ ഒരു സംക്രമണവും സംഭവിക്കാതെ ആകാശത്തിലെങ്ങനെയാണോ യാതൊരു ചലനവും സംഭവിക്കാതെ അത് സർവചലനങ്ങൾക്കും ആധാരമായിരിക്കുന്നു എന്നിൻ്റെ സൂര്യചന്ദ്രാദികൾ അതുപോലെ ഈ ആത്മാവസ്വം സ്വസ്വരൂപവും തന്നിൽ യാതൊരു ക്രിയയും വികാരവും സംഭവിക്കാതെ തന്നിൽ സ്ഥിതി ചെയ്യുന്ന അന്ധകരണം തുടങ്ങി ഈ സർവപ്രപഞ്ചത്തിന്റെയും സർവ്വ വികാരങ്ങൾക്കും ആധാരമായിരിക്കും അതുകൊണ്ട് പറയുന്ന ഇത് ആകാശകൽപ്പം ആകാശമല്ലാതെ വേറെ ദൃഷ്ടാന്യമാണ് ഈ ചിത്തസംക്രമണം നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലമായി ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രതീതമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായി നാനാതരത്തിലുള്ള വ്യാമോഹങ്ങൾ ഈ ശരീരത്തിൽ വരുന്ന ആത്മബുദ്ധി തുടങ്ങി വ്യാമോഹങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കെ ഇത് ഇതിനെ സ്പർശിക്കുന്നില്ല ആകാശത്തിൽ ഈ സൂര്യനോ ചന്ദ്രനോ സഞ്ചരിക്കുന്നത് കൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു പാട് സംഭവിക്കുന്നുണ്ട് അതിലെന്തെങ്കിലും ഒരു ന്യൂനത സംഭവിക്കുന്നുണ്ട് അത് സഞ്ചരിച്ച പാത നമുക്കറിയാൻ കഴിയുന്നുണ്ട് ഒന്നുമില്ല എന്താണ് അപ്പൊ ഈ ആകാശം ഇതിന് എല്ലാം സഞ്ചരിക്കുന്നുള്ള ഇടം ആ ഇടം കേവലമിടമൊന്നുള്ളതല്ല ഇത് സർവത്തിനും അത് ആധാരമായിരിക്കുന്നു ഇതല്ലെങ്കിൽ ഇത് എവിടെ സഞ്ചരിക്കും സങ്കല്പിക്കാൻ വയ്യ ആകാശത്തെ നമുക്കെന്ത് പറയാം നിർഗുണമായിട്ട് ഭൂമിക്കാം എല്ലാത്തിനും ആധാരമായിരിക്കും ഈ സ്വയം എല്ലാത്തിൽ നിന്നും വേറിട്ട് നീക്കുന്നു അതൊന്നിന്റെയും ഗുണദോഷങ്ങൾ ഈ സഞ്ചരിക്കുന്ന സർവ്വതും തകരാം എന്നാൽ ആകാശത്തിന് തകരാൻ പറ്റും പറ്റത്തില്ല അത് തന്നെയാണ് തന്നിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാനസ്വരൂപം അതിൽ ക്രിയയിലില്ല അത് വ്യാമോഹമില്ല പക്ഷെ സർവ്വ വ്യാമോഹങ്ങൾക്കും അതാധാരമായി ഇരിക്കുന്നു അത് ഇതുപോലെയാണ് സൂര്യനും ചന്ദ്രനും ക്രിയ സംഭവിക്കുന്നു അതേസമയം ആകാശത്തിൽ ക്രിയയില്ല ഈ അന്ധകരണത്തിൽ വ്യാമോഹങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അന്ധകരണത്തിന്റെ ആധാരമായിരിക്കുന്നു ഈ ബോധത്തിൽ യാതൊരു വ്യാമോഹവുമില്ല അത് നിശ്ചലമായിരിക്കുന്നു അതുകൊണ്ട് പറയുന്ന എന്താണ് ആകാശകൽപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഒന്ന് സംക്രമണം അതെവിടെ സംഭവിക്കുന്നു അതിവിടെ സംഭവിക്കുന്നുണ്ട് ആ സംഭവിക്കാതിരിക്കുന്നതാണ് തൻ്റെ സ്വരൂപം അതുകൊണ്ട് അവിടെ ഇനി അതിനെ സംബന്ധിച്ചൊരു ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക അതിനുള്ള ബന്ധത്തെ ഇല്ലാതാക്കുക അതിനൊരു മോക്ഷം കൊടുക്കുക അതിൻ്റെയൊന്നും ആവശ്യമില്ല അതൊന്നും സംഭവിക്കുന്നുമില്ല ഇനി ഈ താരാഗ്രഹങ്ങൾ അവിടെ സഞ്ചരിച്ചാലും സഞ്ചരിച്ചില്ലെങ്കിൽ ഇനി അതെല്ലാം സഞ്ചരിക്കാതെ നിശ്ചലമാവട്ടെ അങ്ങനെ വന്നാലും ഇനി അതെല്ലാം തകർന്നു പോകട്ടെ അങ്ങനെ വന്നാലും ആകാശത്തിൽ നിന്നും സംഭവിക്കത്തില്ല ആകാശം അതിന്റെ ഉത്പത്തിക്കും സ്ഥിതിക്കും നാശത്തിനുമെല്ലാം ഒരുപോലെ സാക്ഷിയായി അതുപോലെയാണ് ഈ മഹാജ്ഞാനിയിൽ സംഭവിക്കുന്ന സർവത്തിൽ സർവത്തിനെന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിനും അജ്ഞാനത്തിനും സംസാരത്തിനും ബന്ധത്തിനും മോക്ഷത്തിനും എല്ലാം ഏകരൂപത്തിൽ ആധാരമായിരിക്കുന്നു ഇതാണ് സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് അതാണിവിടെ വ്യക്തമാക്കുന്നത് ആകാശകൽപം അജേശ്വജം അസംക്രാന്തം ധർമ്മേഷു വിജ്ഞാനം ഇഷ്യത്തെ യോ നമ തേ ജ്ഞാനം അസംഗം തേന കർത്തി അണുമാത്രേവി വൈധർമ്മ്യേ ജയമാനി വിവസ്ഥ അസംഗത തമുദാവരണച്ചുതി ഇതു അന് വാദിനേ വൈധർമേ ബഹിരന്ധർകിയെ കുറിച്ച് പറഞ്ഞു റിയാത്തവർ പരമാർത്ഥം ഇതാണ് ആദിബുദ്ധനും ആദിശാന്തനും ഇതാണിതിൽ നിന്ന് മനസ്സിലാക്കില്ല മണ്ഡുക്യത്തിന്റെ ഉപദേശത്തിന്റെ സാരം അതാണ് പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ ബോധിക്കാൻ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ആയിത്തീരാനോ എന്തെങ്കിലും ആകാതിരിക്കാനോ പറയുന്നില്ല അതൊന്നും ഇവിടെ പറയുന്നില്ല അതിന് ആകാശദൃഷ്ടാന്തത്തിലൂടെ അത് വ്യക്തമാക്കി എന്താണ് അസംഗത ആകാശത്തെ മുഖ്യമായും വ്യാപകത്വം നിത്യത്വം അസംഗത്വം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉദാഹരണമായിട്ടുള്ളത് അത് ഇതിനെ തെറ്റായി ബോധിക്കുന്നവൻ ഇതും അന്വേഷാം വാദിനാം ചിന്തിക്കുന്നവർ പറയുന്നവര് സാധകന്മാര് ബന്ധമോക്ഷങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര് ഈ വാദികളെല്ലാം അങ്ങനെയുള്ളവരാണ് നോ പറഞ്ഞല്ലോ ഇങ്ങനെ ചിന്തിക്കുന്നവരെല്ലാം ബന്ധമോക്ഷങ്ങളെക്കുറിച്ച് അവര് ചിന്തിക്കുന്നു അവർക്കും ആവശ്യം മോക്ഷമാണ് അണു മാത്രേ അൽപേബി വൈധർമ്മി വസ്തുനി ബഹിരന്ധർവായമാനെ ഉത്പദ്മാനെ ഈ പറഞ്ഞ തത്വത്തിൽ നിന്നവർ അല്പമെങ്കിലും വ്യതിചലിച്ചു കഴിഞ്ഞാൽ ഇതിനോട് എന്തെങ്കിലും ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്ത ഇവിടെ എങ്ങനെയാണോ ആചാര്യൻ ഉപദേശിച്ചത് അതുപടി തന്നെ ഗ്രഹിക്കും അതങ്ങനെ നിർബന്ധമായി ആവശ്യപ്പെടുകയല്ല സത്യം അതായത് സത്യത്തെന്തിനസത്യമായി ഒരാളങ്ങനെ വായിച്ചു പിടിക്കുന്ന സത്യത്തെ അസത്യമായി ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആകാശത്തെ കണ്ടു ആകാശം തത്വം എന്താണെന്ന് മനസ്സിലായി ബോധ്യപ്പെട്ട് അത് അസംഗമാണ് എന്നാലും അയാൾ പറയുകയാണ് ഞാനിതിനെ സംഘമുള്ളതായി തിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അതെന്ന് പറയുന്ന അണുമാത്രേവി അൽപേ വൈധർമി അവിടെ ഈ ജ്ഞാനത്തിന്റെ സംക്രമണം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ സ്വസ്വരൂപത്തിന്റെ നിസ്സംഗതയെ ബോധ്യപ്പെടാതിരിക്കുകയാണെങ്കിൽ ബഹിരാന്തർവാ ായമാനെ ഉത്പദ്യമാനെ നമ്മുടെ സങ്കല്പങ്ങൾ ആന്തരികമായും ബാഹ്യമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ളിൽ കാമക്രോധ വികാരങ്ങളുടെ രൂപത്തിൽ സുഖദുഃഖാദി അനുഭവങ്ങളുടെ രൂപത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ബാഹ്യമായി നനപ്രപഞ്ചരൂപത്തിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ പറഞ്ഞ അസംക്രമണത്തെ ബോധിക്കാതെ പറഞ്ഞല്ലോ ആകാശത്ത് അതിഘോരമായ കർമ്മങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ മനോവൃത്തികൾ ഉള്ളിലും പുറത്തും നിരന്തരം കർമ്മത്തിലേർപ്പെട്ടിരിക്കുകയാണ് സദാസംക്രമണം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഭ്രമത്തിൽ അല്പമെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ ഇതിനേതിനോടെങ്കിലും ഒന്നിനോട് താതാന്മ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനേതെങ്കിലും ഒന്ന് തന്റേതാണെന്ന് കരുതിയാൽ അത് ബന്ധം മോക്ഷം വരെയാണ് ബന്ധം തന്റേതാണ് മോക്ഷം തന്റേതാണെന്നിങ്ങനെ ചിന്തിച്ചാൽ പറയുന്നു അവിഭസ്ജിത അവിവേകിന് ഹാവടവിനെ അവിവേകം പിടികൂടി ദേശ മാത്രമെങ്കിൽ അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവൻ അവിവേകിയായി അവന് അസംഗത അസംഗത്വം നസ്തി അവന് അസംഗതയില്ല അസംഗതയില്ലാന്ന് വെച്ചാൽ അവൻ മുക്തനല്ല എന്നർത്ഥം ഏതെങ്കിലും ഒരു തരത്തിൽ ഈ സന്ദഞ്ചിത്വ വൃത്തികളോട് താതാന്യപ്പെട്ട് ഈ പ്രപഞ്ചത്തോട് താതമ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ അസ്തിത്വബുദ്ധി വന്നു കഴിഞ്ഞാൽ ഇതിൽ മമത വന്നു കഴിഞ്ഞാൽ അവന് എവിടെ അസംഗത എവിടെയിരിക്കും അവന് അതിന് സ്വരൂപചുതി ഒന്ന് സംഭവിക്കും അവന് അസംഗത്വം എങ്ങനെ വരും ആസ്തി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദിബുദ്ധൻ എങ്ങനെ ബദ്ധനായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ആദിബുദ്ധൻ എന്നുള്ളതാണ് പരമാർത്ഥം അത് പരമാർത്ഥമായിരുന്നിട്ടും അത് ബദ്ധനായിരിക്കും ആകാശത്ത് ഈ ഭാരമുള്ള വസ്തുക്കൾ നമ്മൾ പറയുന്ന എന്താണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ഭാരമുള്ള വസ്തുക്കളാണ് ഈ വസ്തുക്കളെയെല്ലാം ആകാശം തന്റെ ഭാരമായി കരുതിയാലും തനിക്കതൊരു വെയിറ്റ് ആയി തരുത് എന്തായിരിക്കും ശരി കാണുന്നവനത് ഭാരമാണ് അതിന്റെ ഭാരത്തെ കണക്ക് കൂട്ടുന്നവനൊക്കെ വരി ഭാരമാണ് കിലോ ഒട്ടൺ കണക്കിനുണ്ട് സാധനം പക്ഷെ ആകാശത്തിനെ സംബന്ധിച്ചാണെങ്കിലോ ആകാശത്തെ സംബന്ധിച്ചത് ഭാരമൊന്നുമില്ല ഭാരമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കണ്ടെ ആകാശം വേർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ അതൊരിക്കലും വേർക്കാറില്ല ഇതിനെ സുഖിക്കാറില്ല ദുഃഖിക്കാറില്ല അതിനാണ് ആകാശത്തിന്റെ അസംഗത എന്ന് പറയും അപ്പോ ഈ സംസാരഭാരം ഗുരുവിന അനുഭവപ്പെടുന്ന എന്താണ് കേവലം അതിനുള്ള സംഘം കൊണ്ട് മാത്രമാണ് ഈ ചിത്തവൃത്തികളോടുള്ള സംഘം മാത്രമാണ് ഈ സംസാര ഭാരത്തി ഉണ്ടാകുന്നത് അതിനാണ് നമ്മൾ പറയുന്നത് സംസാര രോഗം സംസാരദുഃഖം ഇതിനോട് താതമ്യപ്പെടാത്തവനൂടെയാണ് സംസാര രോഗം ഇവിടെ സംസാര ദുഃഖം ഇവിടെയാണ് സംസാര ബന്ധം അല്പമങ്ങളും അത് സംഭവിച്ചാൽ പറയുന്നു അസംഗത്വം നാസ്തി ആകാശം നിമിഷം ചിന്തിച്ചാൽ എന്നാണ് ഇത് വലിയ ഭാരമാണ് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ബന്ധനത്തിൽപ്പെട്ടു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം സങ്കല്പങ്ങളെ തുടർന്ന് സങ്കല്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ സംസാരം എന്ന് പറയുന്നത് അപ്പോൾ ആ സങ്കല്പങ്ങളല്ല മാറേണ്ടത് മറിച്ച് ആ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ആ സങ്കല്പങ്ങളും താനുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഒരു ബന്ധത്തെ ഉണ്ടാക്കുന്ന സങ്കല്പമുണ്ട് അതാണ് മാറേണ്ടത് ആകാശത്തിന് സങ്കല്പങ്ങളില്ല അതുകൊണ്ട് അതിന് ഭാര്യ അത് അസംഗമായിരിക്കുന്നു മറിച്ചാണെങ്കിൽ എന്താണ് പറയുന്നത് അത് അവിടെ അസംഗതയില്ല അസംഗതയില്ലെങ്കിൽ കിമ്മിത വക്തവ്യം അവർണച്യുതി ബന്തനാശവും നാസ്തി അതില്ലെങ്കിൽ ആ അസംഗതയില്ലെങ്കിൽ അവനെങ്ങനെ ഈ ആത്മപ്രകാശം ഉണ്ടാകും ആ ആത്മപ്രകാശത്തെ അതിനെ നമുക്ക് മറയ്ക്കാം സൂര്യൻ എന്റെ മുമ്പിലിരിക്കുന്ന ആ വസുവിനെ പ്രകാശിപ്പിക്കുന്നു പക്ഷെ എനിക്കതിനെ മറക്കാൻ പറ്റും സൂര്യൻ നനക്കെ പ്രകാശിക്കെ സൂര്യന്റെ പ്രകാശത്തിന് യാതൊരു ന്യൂനതയും സംഭവിക്കാതെ തന്നെ ഞാൻ ആ വസുവിന്റെ പുറത്തൊരു തുണിയെടുത്തിരുന്നു അവിടെ ഇരുട്ടു തന്നെ ഞാൻ സൃഷ്ടിക്കുന്നു അത് ചെയ്യാൻ പറ്റും സൂര്യൻ എത്രയോ ശക്തമായ പ്രകാശമുള്ളതാണ് എത്രയോ ശക്തമായ പ്രകാശമാണ് സൂര്യനുള്ളത് പക്ഷേ ആ സൂര്യനെ ആ പ്രകാശത്തെ വേണ്ടി വന്നാൽ എനിക്ക് എന്റെ വിരൽ തുമ്പുകൊണ്ട് മറക്കും അതിനന്ധകാരമായി മാറ്റാം അല്ലെങ്കിൽ ഞാനൊരു ചെറിയ കടലാസ്കഷണമെടുത്ത് ഇതിനെ പൊതിയു അവിടെ അന്ധകാരമായി അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ സ്വയം പ്രകാശിക്കുന്ന ഇതിനെ എന്താണോ നിസ്സാരമായ സങ്കല്പങ്ങൾ ആവരണം ചെയ്തോളാം അത് വളരെ തുച്ഛമാണ് പക്ഷെ അതിന്റെ സ്വഭാവം അതാണ് അത് മായാമയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്റെ ശക്തിയെ താരതമ്യപ്പെടുത്തരുത് സൂര്യന്റെ പ്രകാശ അതിന്റെ തേജസ്സും എന്റെ വിരലിന്റെ തേജസ്സും കൂടെ താരതമ്യം ചെയ്യരുത് താരതമ്യം ചെയ്ത ഒന്നും എന്റെ സ്വയം അത് ജഡമാണ് പ്രകാശമുള്ളതല്ല പക്ഷെ അതിന് ഈ സൂര്യന്റെ തേജസ്സിന് ഇത്രയും ശക്തമായ പ്രകാശത്തെ മറയ്ക്കാൻ കഴിയും അതിന് ആനയെ കടിക്കാൻ കൊതുന്നതിനും കഴിയും അതിന് ആനയുടെ അത്ര അതുപോലെയാണ് ഇവിടെ സംഭവം അതുപോലെ ഈ സ്വയം പ്രകാശിക്കുന്ന ഇതിനെ അതിനോട് താരതമ്യപ്പെടുത്തുമ്പോ ഒന്നുമല്ല തുച്ഛമായിരിക്കുന്നു ഈ മായയ്ക്കും മറയ്ക്കാൻ കഴിയും അവനെ സംബന്ധിച്ചിടത്തോളം ആവരുടെ ചുതി എങ്ങനെ സംഭവിക്കുന്നു സ്വയം ധരിച്ചിരിക്കുന്നു അത് തന്നെ എന്താണ് ഞാൻ ആദിബുദ്ധനല്ല ആദിശാന്തനല്ല അവിടെ ബന്ധനാശം നാസ്തി ബന്ധനാശം സംഭവിക്കുന്നുണ്ട് എങ്ങനെയാണോ ആ ബന്ധനാശ സഹജമായി സംഭവിച്ചിരിക്കുന്നവന് പ്രകാശം എങ്ങനെയാണോ ആദിത്യ സ്വരൂപം തന്നെയായിരിക്കും ആ പ്രകാശത്തെ ഇവൻ ആദിത്യനിൽ നിന്നും മാറി വന്നിട്ട് അതുപോലെ ബന്ധനാശം തന്റെ സ്വരൂപമായി തന്നെ ഇരുന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു ഈ മായാ സങ്കല്പങ്ങളെ കൊണ്ട് അവനതിനെ മറച്ചു കളയുന്നു അത്രേ സംഭവിക്കുന്നു ബന്ധവും മോക്ഷവും തമ്മിലുള്ള ഈ അതിർവരമ്പ് വളരെ ലോലം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അത് വളരെ തുച്ഛമാണ് നിസ്സാരമാണ് നമ്മൾ കരുതുന്നത് പോലെ ഈ സംസാരം എന്നെല്ലാം പറഞ്ഞു അത് അത്രയും കഠിനമായൊരു വസ്തുവല്ല മറിച്ച് വളരെ തുച്ഛവും നിസാരവുമാണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം ജയമാനേ വിസഗത സദാ നമുദാവരണ്യുതി Oh, dear, dear, dear, dear, dear.